പക്ഷേ ഇത്രയും കോലാഹലത്തിന് നടുവിൽ കൃത്യമായി സുഖമായി കടന്നുറങ്ങുക ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല ആരോഗ്യവാനായിട്ട് ഇരിക്കുക രാമനെ കുറിച്ച് രാമ വാൽമീകി പറയുന്നുണ്ടേ മറ്റു ലോകധർമ്മത്തിനെയും പാലിച്ചു തന്റെ ധർമ്മത്തിനെയും പാലിച്ചു എല്ലായിടത്തും ബാലൻസ് വെച്ചുകൊണ്ടിരുന്നു എന്ന് പറയണ്ട് അതുപോലെ പ്രവർത്തികയുടെ നടുവിലും തന്റെ നിഷ്ഠകൾക്കൊന്നും യാതൊരു ചലനമില്ലാതെ തനിക്ക് ശാന്തി ഉണ്ട് സന്തോഷമുണ്ട് ഇതിന്റെ നടുവിൽ പ്രവർത്തിക്കുമ്പോ ഇതിന്റെ ഒന്നും ടെൻഷൻ തന്റെ ഉള്ളിൽ കടന്നിട്ടേ ഇല്ല എന്നാണ് ആ ഉപ്പ് ദണ്ഡി സത്യാഗ്രഹം അതിനുവേണ്ടി നടന്നു പോകുമ്പോ ഗാന്ധിജിയോട് ചോദിച്ചിരുന്നു അങ്ങക്ക് എങ്ങനെയാ ഇത്ര വേഗത്തിൽ നടക്കാൻ കഴിയണത് എന്ന് ചോദിച്ചിരുന്നു അപ്പൊ ഗാന്ധി പറഞ്ഞത് ആര് പറഞ്ഞു ഞാൻ നടന്നു എനിക്കും നടന്നതേ അറിയില്ല ആദ്യം നടക്കാൻ തുടങ്ങിയപ്പോ രാം രാം രാം രാം രാം രാം രാം ശ്രദ്ധ മുഴുവൻ ഈ രാം രാമലായിരുന്നു ശരീരം ഇങ്ങനെ നടന്നു നടന്നത് എന്താന്ന് വെച്ചപ്പോ ബാക്കിയുള്ളവരൊക്കെ കഷ്ടപ്പെട്ടു അദ്ദേഹത്തിന് അറിഞ്ഞിട്ടില്ല നോക്കണം ഇതാണ് യജ്ഞം ചെയ്യുന്ന ആളുടെ അവസ്ഥ യജ്ഞം ചെയ്യുമ്പോ ചിത്തത്തിനെ അതിലേക്ക് വെക്കണേ ഇല്ല ഫലത്തിലോ എന്തെങ്കിലും സംഭവിക്കുമോ ഭഗവാൻ രമണ മഹർഷിയുടെ അടുത്ത് കുറെ സ്വാതന്ത്ര്യ സമരക്കാർ വന്നിട്ട് പറഞ്ഞു മഹാത്മാഗാന്ധി നിരാഹാര സത്വാ അങ്ങനെ സ്വരൂപത്തില് നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്നുള്ള സ്വരൂപത്തില് നിൽക്കുകയാണെങ്കിൽ നിഞ്ചിതപി ഭഗവാൻ പറയുന്നു ആ സ്ഥിതിയെ സ്വയമേവ ചലിപ്പിച്ചു കളയരുത് എന്നു ലയേ സംബോധയേ ചിത്തം വിക്ഷിപ്തം ശമയേത് പുനഃ സകഷായം വിജാനീയാ സമപ്രാപ്തം നചാലയേത് ഗൗഡപാദാചാര്യർ യോഗത്തിനുള്ള മാർഗം പറഞ്ഞവരാണ് മനസ്സ് ചിലപ്പോ ലയിച്ചു കിടക്കും യാതൊന്നും ഉത്സാഹമില്ലാതെ ഉറക്കം തൂങ്ങിയ അവസ്ഥയിൽ ഇരിക്കുമ്പോ അതിനെ നാമം ജപിച്ചിട്ടും ഉറക്കെ സങ്കീർത്തനം ചെയ്തിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിചാരം കൊണ്ടുവന്നിട്ടെങ്കിലും പ്രവർത്തിപ്പിച്ചിട്ടെങ്കിലും അതിനെ ഇളക്കിവിടണം ലയേ സംബോധയേത് ചിത്തം വിക്ഷിപ്തം സദാ ചിത്തവൃത്തി രൂപത്തിൽ ഇങ്ങനെ വിക്ഷേപിച്ചാൽ പുനഃ അതിനെ വിചാരം കൊണ്ടും നാമജപം കൊണ്ടും ധ്യാനം കൊണ്ടും ശാന്തിയിലേക്ക് കൊണ്ടുവരാം ചിലപ്പോ കഷായ സ്ഥിതി അതായത് യാതൊന്നും ഉത്സാഹമില്ലാതെ യാതൊന്നിലും ഒരു രസമില്ലാതെ മനസ്സിങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഒരു ഉത്സാഹവും സ്ഥിതിയിൽ അങ്ങനെ ജാഡ്യത ജഡം പോലെ മനസ്സ് കടക്കുന്ന സ്ഥിതി അത് കഷായസ്ഥിതി സകഷായം വിജാനീയാ അവസ്ഥയിൽ എന്ത് ചെയ്യും വിട്ടുനിന്ന് കാണുക എന്നാണ് മനസ്സിൽ ഓരോ സങ്കല്പം ഉദിക്കുമ്പോഴും ചിത്തവൃത്തികൾ ഉദിക്കുമ്പോഴും മാറി നിന്ന് കാണുക വിക്ഷിപ്തം സകഷായം വിജാനീയാ മാറി നിന്ന് അവബോധത്തോടുകൂടെ വിക്ഷിക്കട്ടെ സമപ്രാപ്തം ഇങ്ങനെ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ ശനൈഹി ശനൈഹി ഉപരമേത്ത് ബുദ്ധ്യാധൃതിഗൃഹീതയാ ബുദ്ധി വളരെ ജാഗ്രതയോടുകൂടെ ചിത്തവൃത്തികളെ മൂലത്തിൽ അടക്കി അടക്കി അടക്കി നിശ്ചലതയിലേക്ക് വരുമ്പോ ആത്മസംസ്ഥം മനഃകൃത്വ മനസ്സ്വരൂപത്തിൽ നിൽക്കും ആ ഒരു നിശ്ചലത ചലിക്കാത്ത സ്ഥിതി അല്പം പോലും ചലനമില്ലാത്ത സ്പന്ദനമില്ലാത്ത സ്ഥിതിയിലെത്തി നിന്നാൽ ന കിഞ്ചിത് അഭി ചിന്തയേത് ഭഗവാൻ പറയണത് സമപ്രാപ്തം ന ചാലയേത് ആ സമ അതിന് സമസ്ഥിതി എന്ന് പേര് ആ സമസ്ഥിതിയിൽ എത്തി നിന്നാൽ ന ചാലയേത് ചലിപ്പിക്കരുത് എന്നാണ് ഇനിയും മെനക്കെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പുസ്തകം വായിച്ചിട്ടോ ടി കണ്ടിട്ടോ മറ്റു വസ്തുക്കളിൽ ചലിപ്പിച്ചു കളഞ്ഞാൽ വീണ്ടും അത് ചബലമാവും സമപ്രാപ്തം ന എത്ര നേരം ആ നിശ്ചലതയിൽ വെച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുമോ എത്ര നേരം നിശ്ചലമായിട്ട് നിർത്താൻ സാധിക്കുമോ അത്ര നേരം നിർത്താം അത്രയും നേരം നിർത്താം എന്നിട്ട് പിന്നെയും ചലിച്ചാലോ ചലിക്കാതിരിക്കുവോ വീണ്ടും ചലിക്കും കൊരങ്ങനെ പോലെ ഓടും പിന്നെയും അങ്ങനെ ചലിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം അതാണ് അടുത്ത ശ്ലോകം യോ യോ നിശ്ചര മനശഞ്ചലമസ്ഥിരം ആത്മന്യേവം നിശ്ചരത്തി മനഹ ചഞ്ചലം അസ്ഥിരം മനസ്സ് ചഞ്ചലമാണ് അസ്ഥിരമാണ് ചഞ്ചലംന്ന് വെച്ചാൽ ചപലം അസ്ഥിരം എന്ന് വെച്ചാൽ ഒന്നില് നിൽക്കാത്ത എന്തെങ്കിലും ഒന്നിൽ നിർത്തിയാൽ അവിടുന്ന് ചാടിപ്പോവും എന്തെങ്കിലും ഒരു ദിവ്യരൂപത്തിൽ നിർത്തിയാൽ പോലും ചാടിപ്പോ ചഞ്ചലം അസ്ഥിരം യഥാ യഥാ നിശ്ചലതി എന്തൊക്കെ കാരണങ്ങൾ കാരണം കൊണ്ട് ചരിക്കുന്നുവോ തതസ്ഥതോ നിയമ്യ അവിടെ നിന്നൊക്കെ കാരണങ്ങളിൽ നിന്ന് അതിനെ പിന്തിരിപ്പിച്ച് ആത്മനീയപശം നയ്യെത്തുന്നു അതാത് വസ്തുക്കളിൽ നിന്നും അതാത് കാരണങ്ങളിൽ നിന്നും പതുക്കെ പിന്തിരിപ്പിച്ച് ദൂഷ്യം പറഞ്ഞു കൊടുക്കാതാണ് മനസ്സിന് എന്തെങ്കിലുമൊക്കെ ദുഷിച്ച വസ്തുക്കളിലാണോ കുടുങ്ങിയതെങ്കിൽ അതിന്റെ ദൂഷ്യവശം കാണിച്ചുകൊടുത്ത് ആത്മാവിൽ നിർത്താം പിന്നീട് അങ്ങോട്ട് പോവരുത് അതുപോലെ ബോധിപ്പിക്കാം എന്നിട്ട് ഈ മനസ്സ് ഉദിക്കുന്നത് എവിടുന്ന് എന്ന് ശ്രദ്ധിച്ചാൽ ആത്മാവിൽ നിൽക്കും ആത്മനീ ഏവ വശം നയ്യേത് തോനിയം ഏതത് ആത്മന്യേവ വശം അങ്ങനെ ആത്മാവിൽ സ്വരൂപത്തിൽ പ്രശാന്തമായിട്ട് ഭഗവത് ധ്യാനത്തിൽ പ്രശാന്തമായിട്ട് ചിത്തവൃത്തികൾ ഇല്ലാതെ നല്ലവണ്ണം തണുത്ത് സന്തുഷ്ടമായിട്ട് ഉള്ളിൽ ചിത്തം ചിലപ്പോ കൂടും വന്നുകൂടും നമ്മള് നിരന്തര അഭ്യാസം ചെയ്താൽ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഈ സ്ഥിതി വന്നുകൂടും നല്ല ഒരു കുളിർമ ഉള്ളിലൊരു കുളിർമ ശീതളത അന്ത ആ കുളിർമ ഏർപ്പെടുമ്പോ രജോഗുണമില്ലാത്ത സാത്വികമായ കൽമരഹിതമായ സുഖം ഉണ്ടാവും ഇതാണ് ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് നോക്കാം പ്രശാന്തമനസംഹ്യേനം യോഗിനം സുഖമുത്തമം ഉപൈതിശാന്തരജസം ബ്രഹ്മഭൂതമ കൽമം പ്രശാന്ത മനസം ഹി ഏനം യോഗിനം സുഖമുത്തമം ഉപൈതി മനസ്സ് സ്വരൂപത്തിൽ അടങ്ങി നിശ്ചലമായിട്ട് നിൽക്കുമ്പോൾ പ്രശാന്ത മനസ്സ് പ്രകർഷേണ ശാന്തം മനഃഹം വാസനകളോടുകൂടെ ശാന്തമല്ല വാസനകളൊക്കെ പോയിട്ട് യഥാർത്ഥമായ ബ്രഹ്മശാന്തി പ്രകർഷേണ നിറഞ്ഞു തുളുമ്പുന്ന സമാധാനം ശാന്തി ആ ശാന്തി ധ്യാനം ബലപ്പെട്ടു വരുമ്പോ ആത്മവിചാരം ബലപ്പെട്ടു വരുമ്പോ ഉള്ളിലുണ്ടാവുന്നു യോഗിക്ക് ഉത്തമം സുഖം എന്നാണ് ഉത്തമമായ സുഖം ഉണ്ടാവുന്നു ശാന്ത രജസം രജോഗുണമില്ലാത്ത സുഖം സത്വഗുണം രജോഗുണം തമോ ഗുണം മൂന്നോ ഉണ്ടല്ലോ രജോഗുണമില്ലാത്ത കൽമശമില്ലാത്ത ശാന്തി നിശ്ചലത യോഗിക്ക് അനുഭവപ്പെടുന്നു ഉപൈതി ശാന്തരജസം അങ്ങനെ ശാന്തമായിട്ട് നിൽക്കുമ്പോ ബ്രഹ്മഭൂതം ചിത്തവൃത്തികളില്ലെങ്കിൽ ശാന്തി ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് നിശ്ചലത ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് ചലിക്കാത്ത സ്ഥിതി ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ് അത് ബ്രഹ്മഭൂതം ബ്രഹ്മത്തിനെ അറിയുന്ന ഒരു മനസ്സായിട്ട് നിൽക്കുന്നില്ല സ്വയമേവ ബ്രഹ്മം നദി സമുദ്രത്തിൽ ചേർന്നാൽ പിന്നീട് നദിയായിട്ട് നിൽക്കില്ല സമുദ്രമായിട്ടേ നിൽക്കുള്ളൂ സമുദ്രാകാരം പൂണ്ട നദി എന്ന് പറയാൻ വയ്യ അതുപോലെ മനസ്സ് ബ്രഹ്മത്തിൽ തന്നെ ഇല്ലാതാക്കുകയാണ് നാമരൂപം ഇല്ലാതാക്കുക ബ്രഹ്മഭൂതം ആ കൽമ കൽമശം പോയി നാല് മാഷ കാ എന്ന് വെച്ചാൽ കാമം ക്രോധം ലു എന്ന് വെച്ചാൽ ലോഭം മാ എന്ന് വെച്ചാൽ മതം മോഹം ആത്സര്യം ഷാ എന്ന് വെച്ചാൽ ഈ ഷഡുവർഗങ്ങളും ഈ ആറെണ്ണവും ചേർന്നതാണ് ബ്രഹ്മഭൂതം അകൽമഷം സ്ഥിതി ഈ മനസ്സിനെ സിദ്ധിക്കുന്നു ധ്യാനിക്കുന്നവനെ സിദ്ധിക്കുന്നു ഇങ്ങനെ നിരന്തരധ്യാനം കൊണ്ട് അത്യന്തം സുഖം അത്യന്തമായ ആനന്ദം പരിപൂർണ തൃപ്തി ഉണ്ടാവുന്നു അടുത്ത ശ്ലോകം നോക്കാം യുഞ്ജന്നേവം സദാത്മാനം യോഗീ വിഗതകൾമശ സുഖേന ബ്രഹ്മസംസ്പർശം സദാ ആത്മാനം ഇങ്ങനെ സദാ എപ്പോഴും ആത്മാവിനെ ധ്യാനിക്കുന്നതുകൊണ്ട് ധ്യാനിക്കുന്നതു മൂലം യോഗി വിഗത കൽമശ അയാളിലുള്ള കൽമശങ്ങൾ വിഗതം വിഗതം എന്ന് വെച്ചാൽ അറ്റുപോകുന്നു ഈ കൽമശങ്ങളൊക്കെ തന്നെ നമ്മൾ ശ്രദ്ധിക്കും തോറും വളരും ശ്രദ്ധ അതിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ വികതമാവും അറ്റുപോകും ശ്രദ്ധ ഭഗവാനിലാവുമ്പോ മനസ്സ് തനിയെ അറ്റുപോകും എപ്പോ ഇതൊക്കെ നമ്മളെ ഉപേക്ഷിച്ചു പോയി എന്നുള്ളത് നമുക്ക് അറിയില്ല അതാണ് ഭക്തി വളരെ ലളിതമാർഗം എന്ന് പറഞ്ഞു ഭഗവാനോട് ഭക്തി ചെയ്തു കൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മളെ അറിയാതെ നമ്മളുടെ ദൗർബല്യങ്ങളൊക്കെ ഉള്ളെന്ന് വിഗതമാവുന്നു വിട്ടുപോകുന്നു അപ്പോ ഇങ്ങനെ സദാ ആത്മധ്യാനത്തിൽ വർദ്ധിക്കുന്ന യോഗി വിഗതകൽമശ കൽമശമൊക്കെ വിട്ടുപോയി സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമു ഈ വാക്കുകളൊക്കെ തന്നെ ആ രസത്തിനെ നമ്മളെ ബോധിപ്പിക്കും ബ്രഹ്മസംസ്പർശം സുഖം എന്നാണ് ബ്രഹ്മത്തിനെ നല്ലവണ്ണം സ്പർശിക്കുന്നതുകൊണ്ട് ഏർപ്പെടുന്ന സുഖം സംസ്പർശം അത്യന്തം സുഖം രാസക്രീഡയിൽ ഗോവസ്ത്രീകൾ അനുഭവിക്കുന്നതിനെ നാരായണീയത്തില് ഭട്ടതിരി പറഞ്ഞു യോഗിഗമ്യം ബ്രഹ്മസമ്മതം അനു യോഗിഗമ്യമനുഭാവയെന്ന് സമാധിസുഖം അവിടെ എന്താ ബ്രഹ്മസംസ്പർശമാണ് സ്പർശം ബ്രഹ്മത്തിനെ സ്പർശിക്കുന്ന സുഖം എന്നാണ് അപ്പൊ കൃഷ്ണനെ സ്പർശിക്കുന്നു അകമേക്ക് കൃഷ്ണനെ സ്പർശിക്കുന്നു ബ്രഹ്മസംസ്പർശം അപ്പൊ ഹൃദയത്തിലും ഒരു രാസക്രീഡ നടക്കും രാസക്രീഡ എന്ന് വെച്ചാൽ എന്താ രസമാണ് രാസം രസാനുഭവമാണ് രാസം രസാനുഭവം എപ്പോ ഉണ്ടാവും എത്രകാലം ഞാൻ എന്ന് പ്രത്യേക വ്യക്തിബോധം ഉണ്ടോ അത്രകാലം രസാനുഭവം ഉണ്ടാവില്ല തമിഴില് തമാശ ചൊല്ലും തമിഴില് കൂട്ടാന് കുഴമ്പ് എന്നാണ് പറയാ കൂട്ടാന് കുഴമ്പ് എന്ന് പറയും രസത്തിന് നമ്മള് പറയണ പോലെ രസം തന്നെ മലയാളം പോലെ തമിഴിലും രസം ഊണുകഴിക്കണ രസത്തിന്റെ കാര്യമാ പറയണെ കൂട്ടാനു കുഴമ്പ് എന്ന് പറയും നമ്മള് കഷ്ണം എന്ന് പറയും കഷ്ണം നുറുക്കിയിടല്ലോ കൂട്ടാനില് അതിന് തമിഴില് നല്ല തമിഴ്നാട്ടില് താൻ എന്നാണ് പറയാം അതുകൊണ്ട് ചണ്ട ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മുടെ കേരളത്തിലെവിടെയോ ഊട്ടുവരയിലെ ഒരു തമിഴ് ബ്രാഹ്മണന് ഊണുകഴിക്കാൻ വന്നിട്ടേ ഒരു നമ്പൂരി വിളമ്പുമ്പോ കൂട്ടാൻ ഒഴിക്കുമ്പോ ഇദ്ദേഹം പറഞ്ഞ താൻ വേണ്ട എന്ന് പറഞ്ഞു അയാള് കയ്യില് ചുവട്ടിലിട്ട് മുപ്പത് വർഷമായിട്ട് ഞാൻ ഇവിടെ വിളമ്പണു നല്ല നമ്പൂരി ഇതുവരെ ആരും താൻ വിളമ്പണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ ഇയാള് പരദേശി ബ്രാഹ്മൻ താൻ വേണ്ട ശണ്ട താൻ എന്ന് വെച്ച കഷ്ണങ്ങൾ കഷ്ണം അപ്പൊ ഒരു ചൊല്ലുണ്ട് താൻ ഉണ്ടെ രസത്തില് കൂട്ടാനിൽ കഷ്ണമുണ്ട് എന്നുവെച്ചാൽ കൂട്ടാനിൽ കുഴമ്പില് താനുണ്ട് രസത്തിൽ താനില്ല താൻ എന്നുള്ളതിന് അഹങ്കാരം എന്നും അർത്ഥവുണ്ടല്ലോ താൻ എന്ന ഭാവം അല്ലെ അഹങ്കാരം ഉണ്ടെങ്കിൽ കുഴമ്പ് കുഴമ്പ് വെച്ചാൽ കുഴമ്പ് കൺഫ്യൂഷൻ പ്രശ്നം താൻ ഇല്ലെങ്കിൽ രസം താൻ അഹങ്കാരം പോയാൽ ഉള്ളത് രസാനുഭവം രസോവൈസഹ ഭഗവാന്റെ സ്വരൂപമേ രസമാണ് ജ്ഞാനം മുനിവേദ്യസം ഭവിനാശനദിവ്യരസം യോഗിഗണാധൃത ഭാവരസം ശിവമാകലയേജോ രസം ഭഗവാന്റെ സ്വരൂപമാണ് രസസ്വരൂപനാണ് ഈശ്വരൻ അപ്പൊ रसम എപ്പോ ഉണ്ടാവുന്നു ബ്രഹ്മസംസ്പർശം രസം സുഖം അത് നിശേഷം തൻ തന്റെ വ്യക്തിബോധം ഇല്ലാതാവുമ്പോ ഭഗവാൻ മാത്രം അവിടെ അവശേഷിക്കുമ്പോ താനില്ലാതാവുമ്പോ രസം അത് തന്നെ പ്രഹ്ലാദൻ പ്രകർഷേണ ആഹ്ലാദമുള്ളവനാണ് പ്രഹ്ലാദൻ തന്റെ വ്യക്തിത്വം പ്രഹ്ലാദൻ ഇല്ലാത്തത് കൊണ്ട് രസം അത്യന്തം സുഖമ്ണുതെന്നാണ് തന്റെ വ്യക്തിത്വം ഉള്ളപ്പോ അത് ഇടയ്ക്കിടയ്ക്ക് അഡൾട്ടറേഷൻ ചെയ്യും സുഖത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാല്ഷ്യം അതാണ് കൽമഷം എന്ന് പറയണത് കൽമഷം എന്താ അല്പസുഖ അനുഭവിച്ചാൽ ഞാൻ അനുഭവിച്ചു എന്ന് വരും അല്പ ആനന്ദം അനുഭവിച്ചാൽ ഞാൻ അനുഭവിച്ചു എന്ന് വരും ആ കൽമഷമാണ് നമ്മളെ അധ്യാത്മ തടസ്സമായിട്ട് നിൽക്കണത് ധ്യാനിക്കാൻ പറഞ്ഞാൽ ധ്യാനിക്കുകയല്ലേ വേണ്ടു രണ്ടു ദിവസം ധ്യാനിച്ച് സ്വാമി ഒരു ചുവപ്പ് നിറത്തിൽ ഒരു ലൈറ്റ് കണ്ടു അതെന്താ അത് നാല് ദിവസം ധ്യാനിച്ച അത് ധ്യാനിക്കുമ്പോ ഇവിടുന്ന് എന്തോ തലയിലേക്ക് കയറണ പോലെ തോന്നുന്നു അതെന്താ അത് അത് നമ്മൾ കുണ്ടലിയാണോന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷവും നമ്മളുടെ അടുത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണം അതിനാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇന്നലെയോ തുടങ്ങിയിട്ടുള്ളൂ എവിടെയോ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് എങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നേ അതൊക്കെ ഭാവന ചെയ്തിട്ട് ഈ അഥവാ ചെലപ്പോ ഉണ്ടായാൽ പോലും എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ പോലും ആരാ അത് രജിസ്റ്റർ ചെയ്ത് വെച്ച് പുറത്തു വന്ന് പറയണത് അത് ശേഖരിച്ചു വെച്ചിട്ട് പുറത്ത് പറയുന്നത് ആരാ ഈ കർത്തൃത്വ ബുദ്ധി അപ്പോ അതാണ് കൽമഷം ഇയാൾ എന്തു ചെയ്യും എല്ലാത്തിന്റെ പുറകിലും പറ്റിക്കൂടുന്നു ആ പറ്റിക്കൂടുന്ന കൽമഷം അവിടുന്ന് നീങ്ങിയാൽ വികത കൽമഷ അതാണ് കൽമഷം പോയവൻ എന്ന് ഭഗവാൻ പറയണത് ധ്യാനം എപ്പോ പൂർണമാവും ധ്യാനിക്കണവൻ ഇല്ലാതായാൽ ധ്യാനം പൂർണ്ണമാവും ധ്യാനിക്കണവൻ നിശേഷം ഇല്ലാതായാൽ ധ്യാനം മാത്രം നിൽക്കുകയാണെങ്കിൽ ധ്യാനം പൂർണ്ണം അതാണ് കൽമശമില്ലാത്ത ധ്യാനം എന്ന് പറഞ്ഞത് അപ്പൊ വിഗത കൽമശ ഭക്തിയിൽ നമ്മൾ എന്തു ആദ്യമേ ഭഗവാനോ ഗുരുവിനോ ശരണാഗതി ചെയ്യുന്നു അതോടുകൂടെ നമ്മുടെ പ്രശ്നമൊക്കെ അവസാനിച്ചു അതുകൊണ്ട് ഉത്തമ ഭക്തന്മാർ ഒന്നിനും അപേക്ഷിക്കില്ല യാതൊന്നിനെ കുറ്റം പറയുകയോ കംപ്ലയിന്റ് ചെയ്യുകയോ ചെയ്യില്ല എന്ത് നടക്കട്ടെ ഭഗവാന്റെ ഇച്ഛ പോലെ നടക്കുന്നു അധ്യാത്മ പുരോഗതിക്കും ലൗകികമായിട്ടുള്ള ക്ഷേമവും ഭഗവാന് കൊടുത്തു യോഗക്ഷേമം വഹാമ്യഹം യോഗക്ഷേമം വഹാമ്യഹം എന്നുള്ളതിന് നല്ല അർത്ഥം അതാണ് അനന്യമായി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ശരണാഗതി ചെയ്ത ഭക്തന്റെ വിഷയത്തിൽ യോഗം അധ്യാത്മിക പുരോഗതി ക്ഷേമം ലൗകികമായിട്ടുള്ള കാര്യം ഇത് രണ്ടും ഭഗവാൻ നോക്കിക്കോളും എന്നുള്ള ധൈര്യത്തിൽ യാതൊരു വിഷമമല്ലാതെ ഒരു ഗുരുവിന് ശരണാഗതി ചെയ്തു യോഗക്ഷേമം ഗുരുവിന് ശരണാഗതി ചെയ്യുന്നവരുടെ കാര്യം വളരെ എളുപ്പമാണ് എന്താന്ന് വെച്ചാൽ മുമ്പിൽ പ്രത്യക്ഷമായിട്ട് അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിച്ചിരുന്നാ മതി ഈ രാമായണത്തില് വിഭീഷണ ശരണാഗതി നല്ല ഘട്ടമാണ് വിഭീഷണൻ രാവണനെ ഉപദേശിച്ചു നോക്കി രാവണൻ കേട്ടില്ല ിൽ നിന്നും ഓടിച്ചു വിട്ടു വിഭീഷണന് അപ്പൊ ലങ്കയിൽ നിന്നും മൂന്ന് രാക്ഷസന്മാരെയും കൂട്ടിക്കൊണ്ട് ഭാര്യയും കുട്ടികളും ഒക്കെ ഉപേക്ഷിച്ച് ശ്രീരാമചന്ദ്രൻ സ്വീകരിക്കുവെന്നും പോലും അറിയില്ല സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തിരിച്ച് ലങ്കയിലേക്ക് വരാൻ പറ്റില്ല അതാണ് ശരിയായ ശരണാഗതിയെ നമ്മൾ പോകുമ്പോ വീട് വിട്ട് ചിലര് സന്യാസത്തിന് പറഞ്ഞു പോകും പക്ഷെ പോകുന്നതിന് മുമ്പ് ഋഷികേശില് ഒരു ഫ്ളാറ്റൊക്കെ വാങ്ങിവെച്ചിട്ട് ഏർപ്പാടൊക്കെ ആക്കിയിട്ട് പോയാൽ സന്യാസമാകുമോ ഇനി വിഭീഷണനോ രാവണന്റെ സഹോദരൻ അദ്ദേഹത്തിന് ധനം സമ്പത്തും ഒക്കെ ഉണ്ട് അതിനൊക്കെ മറന്നിട്ടാണ് ശ്രീരാമചന്ദ്രനെ ശരണാഗതി ചെയ്ത് പുറപ്പെടുന്നത് അല്ലേ ഒന്നും വീട്ടിലില്ലാത്തവർ ശരണാഗതി ചെയ്യണതിൽ എന്തുണ്ട് ഒരാള് സന്യാസം എടുത്ത് പോയി എത്ര പോയിട്ട് മൂന്നാമത്തെ ദിവസം തിരിച്ചു വന്നു ഭാര്യയുടെ അടുത്ത് പോയതാണ് ഭാര്യയെ ചോദിച്ചു പോയി ഇപ്പെന്തിനാ വന്നത് അല്ല ആ ചുണ്ണാമ്പിടപ്പാ ഉമ്മർത്ത് വെച്ചിട്ടുണ്ട് അതെടുത്ത് ഉള്ളിൽ വെക്കാൻ പറയാൻ വന്നതാണെന്നാണ് വീട് വിട്ടിട്ട് പോയി മൂന്നാമത്തെ ദിവസം ചുണ്ണാമ്പ് പാത്രം വെച്ചത് വേറെ ഓർമ്മയുണ്ടെങ്കിൽ ഇയാൾ എന്തു ഉപേക്ഷിക്കും അപ്പൊ വിഭീഷണൻ സർവസംഗപരി സർവേക്ഷിച്ച് നീ തിരിച്ചു വന്ന കൊന്നിളയും അവിടെ ഭഗവാൻ സ്വീകരിക്കുവോ വാനരന്മാരെ അടിക്കും അടിക്കുവോന്നറിയില്ല സർവമുപേക്ഷിച്ച് സമുദ്രത്തിന് മോളിൽ വന്ന് നിൽക്കുമ്പോ ഭഗവാൻ ഒരു രസത്തിന് വേണ്ടി ഒരു മീറ്റിംഗ് കൂടി വാനരന്മാരെയൊക്കെ വിളിച്ചു കൂട്ടി വിളിച്ചു കൂട്ടിയിട്ട് ശ്രീരാമചന്ദ്രൻ ഓരോരുത്തരായി ചോദിച്ചു വിഭീഷണനെ സ്വീകരിക്കണമോ വേണ്ടയോ അപ്പൊ ഒരു കുരങ്ങൻ പറഞ്ഞു പാടില്ല ഏർ ഏ രാക്ഷസൻ ജന്മനാ അസത്ത് സ്വീകരിക്കാൻ പാടില്ല വേറെ ഒരു കുരങ്ങനോട് ചോദിച്ചു താങ്കളുടെ അഭിപ്രായം എന്താണാവോ ചോദിച്ചു ആ വാനരൻ പറഞ്ഞു നമുക്ക് സ്വീകരിക്കാം സ്വീകരിച്ചിട്ട് പോലീസുകാര് ചോദ്യം ചെയ്യുന്ന പോലെ പിടിച്ചു ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചോദ്യം ചെയ്യണം ചെയ്തിട്ടില്ലെങ്കിൽ പോലും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കളിയും അതുപോലെ ചോദ്യം ചെയ്യണം എന്നിട്ടേ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നാണ് വേറെ ഒരാള് പറഞ്ഞു അങ്ങനെ വേണ്ട സ്വീകരിച്ചിട്ട് പുറകെ ഒരാളെ ചാരനായിട്ട് നിയോഗിക്കുക ഇയാൾ എന്തൊക്കെ ചെയ്യണം നോക്കാനായിട്ട് നല്ല രസമാണ് സന്ദർഭം ഓരോരുത്തരുടെയും സ്വഭാവത്തിനെ കാണിക്കും ഇത്രയും കഴിഞ്ഞ് സുഗ്രീവനെ വിളിച്ചു ചോദിക്കും സുഗ്രീവാ വിഭീഷണനെ സ്വീകരിക്കണമോ വേണ്ടയോ സുഗ്രീവൻ പറയും സ്വാമിയെ സ്വീകരിക്കാൻ പാടില്ല ഏ എന്താ ഏഹ് സ്വന്തം ജ്യേഷ്ഠൻ രാവണൻ എന്തൊക്കെയാണെങ്കിലും യുദ്ധം വന്ന് താങ്കൾ ജയിക്കും എന്ന് കണ്ടതുകൊണ്ട് സ്വന്തം ജ്യേഷ്ഠനെ വിട്ടിട്ട് അങ്ങയുടെ അടുത്ത് വന്ന ആളെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഭഗവാൻ ലക്ഷ്മണനെ നോക്കി ചിരിച്ചു അത്രേ വാൽമീകി അത്രയൊക്കെ പറയുള്ളൂ ഈഷദ് ഉത്സ്മയമാനഹ ലക്ഷ്മണൻ പ്രതി ലക്ഷണം എന്നാണ് ലക്ഷ്മണനെ നോക്കി അങ്ങനെ സുന്ദരമായി ഒന്ന് ഭഗവാൻ ചിരിച്ചു ആ ചിരിയിൽ അത്രയധികം അർത്ഥഗം ഗർഭമാണ് എന്താന്ന് വെച്ചാൽ ലോകത്തിലെ മനുഷ്യര് അവരവര് ചെയ്യുന്നതൊക്കെ മറന്നു കളയും സുഗ്രീവൻ താൻ ചെയ്തതും മറന്നു താൻ ചെയ്തതും ഇത് തന്നെയാണല്ലോ ഏട്ടനെ കൊല്ലിപ്പിച്ചില്ലേ ശ്രീരാമനെ ഉപയോഗിച്ച് ജ്യേഷ്ഠനെ കൊല്ലിച്ചില്ലേ എന്നിട്ട് അത് താൻ മറന്നിട്ടാണ് ഇപ്പൊ വിഭീഷണനെ സ്വീകരിക്കാൻ പാടില്ലേ ആന്ന് പറയണത് അത്രയും കഴിഞ്ഞ് ഹനുമാനോട് ചോദിച്ചു ആഞ്ജനേയസ്വാമി പറഞ്ഞു സ്വീകരിക്കണം ഇങ്ങനെ പലതും ഈ ചർച്ചകൾ ഈ ചർച്ചകളൊക്കെ കഴിഞ്ഞ് അവസാനം ഭഗവാൻ വിഭീഷണനെ സ്വീകരിച്ച് അപ്പതന്നെ പട്ടാഭിഷേകം ചെയ്തു എന്നാണ് കൊരങ്ങന്മാർക്ക് അതൊരു ആശ്ചര്യമായിരുന്നു അത്ര എന്താന്ന് വെച്ചാൽ സുഗ് ഇവര് രണ്ടു പട്ടാഭിഷേകം കണ്ടു ശ്രീരാമനെ കണ്ട ശേഷം ഒന്ന് സുഗ്രീവ പട്ടാഭിഷേകം സുഗ്രീവ പട്ടാഭിഷേകത്തിന് ലക്ഷ്മണനെ പറഞ്ഞേച്ച് ലക്ഷ്മണനല്ല പട്ടാഭിഷേകം ചെയ്തത് ശ്രീരാമം പോയതേ ഇല്ല ലക്ഷ്മണനെ പറഞ്ഞു രണ്ടു നാല് വാനരന്മാരെ കൊണ്ട് പട്ടാഭിഷേകം ചെയ്യിപ്പിച്ചു വിഭീഷണന് ഭഗവാൻ തന്നെ സമുദ്രക്കരയിൽ അപ്പതനെ പട്ടാഭിഷേകം രാജ്യം പിടിച്ചടക്കിയിട്ട് പോലൂലേ അതിനു മുമ്പ് പെട്ട അഭിഷേകം എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവൻ ശരണാഗതന് ആ സമയത്ത് അനുഭവം വിഭീഷണൻ മറ്റേയാൾ ശരണാഗതനല്ല വിശ്വസ്തനുമല്ല സുഗ്രീവൻ ശരണാഗതനല്ല സുഗ്രീവന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്കൊന്ന് ചെയ്താൽ നിങ്ങൾ എനിക്ക് ചെയ്തു തരണം അതും ചെയ്യാൻ പറ്റുമോ എന്ന് സംശയം വരെ ഏഴ് മരത്തിന് ഓട്ടയുണ്ടാക്കാനും ഒരു എരുമയുടെ തലയെ കാലുകൊണ്ട് തട്ടാനും ഒക്കെ പറഞ്ഞ് ടെസ്റ്റ് നമ്മളൊക്കെ അമ്പലത്തിൽ പോയാൽ സ്വാമിക്ക് എത്രയധികം ശക്തി ഉണ്ട് നാല് വഴിപാട് കൗണ്ടറ് നോക്കിയിട്ട് രണ്ടു മൂന്ന് തെരഞ്ഞെടുത്തിട്ട് എഴുതി കൊടുത്തിട്ട് നടന്നാൽ വിശ്വസിക്കാം എന്നാണ് ആ കൂട്ടത്തിലാണ് സുഗ്രീവൻ അതുകൊണ്ട് ഭഗവാൻ എന്ത് നമ്മൾ എങ്ങനെ ഭഗവാന്റെ അടുത്ത് പോകണോ ഭഗവാൻ അതുപോലെ നമ്മുടെ അടുത്ത് വരും ഭഗവാൻ സുഗ്രീവൻ ടെസ്റ്റ് ചെയ്തിട്ട് ഭഗവാനെ സ്വീകരിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാനും തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് നല്ല അടികൊടുത്തു അതാണ് ബാലിയുടെ അടുത്തുനിന്ന് നല്ല ടൺ കണക്കിന് വെയിറ്റുള്ള ഇടിയാണ് ഓരോന്ന് അത്രയും കൊണ്ട ശേഷമാണ് രണ്ടാമത്തെ പ്രാവശ്യം ബാലിയെ വധിച്ച് പട്ടാഭിഷേകം സുഗ്രീവൻ പക്ഷെ വിഭീഷണൻ സർവസംഗത്യാഗിയായി ശരണാഗതി ചെയ്തതുകൊണ്ട് വിഭീഷണൻ അവിടെ തന്നെ പട്ടാഭിഷേകം പക്ഷെ ഈ വിഭീഷണ ശരണാഗതിയിൽ ഇത്രയും ചർച്ച പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ശ്രീരാമാനുജാചാര്യർ രാമായണം പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ വിഭീഷണ ശരണാഗതി കഥ പറഞ്ഞപ്പോ രാമാനുജാചാര്യരുടെ ഒരു ശിഷ്യൻ അവിടുന്ന് എഴുന്നേറ്റുമത്രേ എഴുന്നേറ്റ് ഒക്കെ തട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി രാമാനുജാൻ വിളിച്ചു ഇവിടെ വരൂ എവിടേക്കാ പോണം സത്സംഗത്തില് നടുവില് അപ്പൊ ആ ഭക്തൻ പറഞ്ഞു അത്രേ കുട്ടികളെയും വിട്ട് തിരിച്ചുപോവാൻ പറ്റാത്ത വിധത്തിൽ സർവമുപേക്ഷിച്ച് ഭഗവാന് ശരണാഗതി ചെയ്ത വിഭീഷണന്റെ കാര്യത്തിൽ സ്വാമിക്ക് ഇത്ര നേരം മീറ്റിംഗ് കൂടി ചർച്ചയാണെങ്കിൽ ഞങ്ങളുടെ ഒന്നും കേസ് എടുക്കാനേ ഇല്ല അതുകൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടതാ അപ്പൊ രാമാനുജം പറഞ്ഞു അത്ര ഇരിക്കൂ ഇരിക്കാനാ പറഞ്ഞു ഇരിക്കൂ നിങ്ങളുടെ കാര്യത്തിൽ പേടിയില്ല എന്നാണ് വിഭീഷണന്റെ കാര്യത്തിലേ ചർച്ചയുള്ളൂ നിങ്ങളുടെ കാര്യത്തിൽ ചർച്ച ഉണ്ടാവില്ല എന്താ അത്ര കണ്ടോ ഉറപ്പ് വിഭീഷണൻ നേരിട്ട് ഭഗവാന്റെ അടുത്ത് പോയത് പക്ഷെ വിഭീഷണന്റെ പുറകെ ഒരു മൂന്ന് രാക്ഷസന്മാർ വന്നു അവരുടെ വർത്തമാനമേ ഇല്ല അദ്ദേഹം കടന്നാ കൂടെ അവരുടെ കാര്യത്തിൽ വർത്തമാനമേ ഇല്ല എന്നാണ് അപ്പോ നേരിട്ട് സ്വാമിയുടെ അടുത്ത് പോണതിനെക്കാളും എളുപ്പമാത്രമേ നമുക്ക് ശരണാഗതി ചെയ്ത് ഏതെങ്കിലും ഒരു സദ്ഗുരുവിന്റെ മാർഗത്തില് ശരണാഗതി ചെയ്തു പോകുന്നവന്റെ കാര്യത്തിൽ യാതൊരു വിഷമവും ഇല്ല ഭക്തിയോ യോഗമോ എന്തോ ആവട്ടെ അദ്ദേഹം നടന്ന പുറകെ നടക്കാം പൂർവ സൂരികളുടെ പുറകെ നടക്കാം ഏനൈവ യാതാഹ തമേവ മാർഗം ഏതു മാർഗത്തിലൂടെ ചെന്നു ആ മാർഗം അപ്പൊ എന്താ ഭയപ്പെടാനേയില്ല സാധനയും സിദ്ധിയും ഒക്കെ ഇവിടെ തന്നെ ശരണാഗതി ചെയ്തവന് ഇവിടെ തന്നെ സുഖം ഇവിടെ തന്നെ ശാന്തി ഇവിടെ തന്നെ ഭഗവത്പ്രാപ്തി അപ്പോ യോഗമാർഗമൊക്കെ എളുപ്പമാവും ഭക്തിയോഗത്തില് ശരണാഗതി ചെയ്തവന് ആരംഭത്തിലെ ശരണാഗതി ചെയ്തത് യത്നം ചെയ്യുന്നത് പോലും ശരണാഗതി ചെയ്തിട്ട് യത്നം നാമം ജപിക്കുന്നത് ശരണാഗതി ചെയ്തിട്ട് നാമജപം ധ്യാനിക്കുന്നത് ശരണാഗതി ചെയ്തിട്ട് ധ്യാനം മാം ആശ്രിത്യതന്തിയെ ഭഗവാൻ തന്നെ ആശ്രയിച്ചുകൊണ്ട് ആര് യത്നം ചെയ്യുന്നുവോ അവര് ക്ഷീണിക്കില്ല അവര് തളർന്നു പോവില്ല അവരുടെ ആശ്രയം എന്നിലാണ് അവർക്ക് വിഷമല്ല മാം ആശ്രിത്യതന്തിയെ ഭഗവാനെ ആശ്രയിച്ചു യോഗമാർഗം ഭഗവാനെ ആശ്രയിച്ചു ധ്യാനം ഭഗവാനെ ആശ്രയിച്ചു കൊണ്ട് ജപമാണെങ്കിൽ ഇവിടെ അഹങ്കാരം പ്രത്യേക വ്യക്തിബോധം ഉണ്ടാവില്ല കൽമഷം ഉണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോ തപസ് യോഗസാധനകളിൽ പോലും കൽമഷം കടന്നുപോകും ആ കൽമഷം ഇല്ലാതായാൽ ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമുതി ബ്രഹ്മത്തിനെ സ്പർശിക്കുന്നതുകൊണ്ട് ഏർപ്പെടുന്ന അത്യന്ത നിർവൃത്തി ഇവിടെ ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ ഉണ്ടാവുന്ന ആ നിർവൃത്തി ആ നിർവൃത്തി നമുക്ക് ഭഗവാന് ശരണാഗതി ചെയ്ത് ഭഗവാന്റെ ദാസനായിട്ട് ഭഗവാന്റെ കയ്യിൽ യന്ത്രമായിട്ട് ഭഗവാൻ സദാ നമുക്ക് വഴികാണിച്ചു കൊണ്ടിരിക്കണോന്നുള്ള ഭാവത്തോടുകൂടെ അടങ്ങിക്കൊടുത്തുകൊണ്ടാണ് അധ്യാത്മ യാത്രയെങ്കിൽ സുഖേന ബ്രഹ്മസംസ്പർശം അത്യന്തം സുഖമു നമുക്ക് ആരംഭവും സുഖമാണ് യാത്രയും സുഖമാണ് ലക്ഷ്യവും സുഖമാണ് അല്ലാതെ ആരംഭത്തിൽ അല്പം വിഷമം പിന്നെ സുഖം എന്ന് പോലും ഇല്ല ശരണാഗതി ചെയ്യാമെങ്കിൽ ആദ്യമേ സുഖം ശരണാഗതി എന്താ അഹങ്കാരം ഉദിക്കാതെ ഇരിക്കൽ ശരണാഗതി ഒന്നും ഗണിക്കാതെ ശരീരത്തിനോ മനസ്സിനോ വരുന്ന ഒരു കാര്യമായി ഗണിച്ചിട്ടില്ലെങ്കിൽ ശരണാഗതി ഭഗവാൻ എന്ത് വേണമെങ്കിൽ ഈ ശരീരം ഭഗവാന്റെ ഇത് ആരോഗ്യമായിട്ടിരിക്കാണോ ഇരിക്കട്ടെ രോഗം വരികയാണോ വരട്ടെ ഈ മനസ്സും ഭഗവാന്റെ മനസ്സ് ശാന്തമായി നിൽക്കണോ നിൽക്കട്ടെ ചലിക്കണോ ചലി ഇത് ഈ ഉള്ളിൽ പറയണം അപ്പൊ ശാന്തമായി നിൽക്കും അതിനാണിത് ഇങ്ങനെ മനസ്സിനെയും ശരീരത്തിനെയും സർവം ഭഗവത് കാൽക്കൽ അർപ്പിച്ച് സ അഷ്ടാംഗ പ്രണാമം പ്രണാമം എന്ന് വെച്ചാൽ സമാധിയാണ് ശരീരം കൊണ്ടുള്ള പ്രണാമം പോരാ ചിലരൊക്കെ നമസ്കരിക്കും ശരീരം കൊണ്ട് നമസ്കരിച്ചാ മതിയോ നമസ്കാരം എന്താ ഞാൻ ഉദിക്കുന്ന സ്ഥാനത്ത് അടങ്ങുന്നതാണ് യഥാർത്ഥ നമസ്കാരം അതെപ്പോ അടങ്ങും ഇല്ലാതാവും സമാധിയില് അപ്പൊ സാഷ്ടാംഗ നമസ്കാരം എന്ന് വെച്ചാൽ എന്താ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി എന്ന എട്ട് അംഗങ്ങളോടു കൂടി ഭഗവാനെ നമസ്കരിക്കണം അപ്പോഴേ സാഷ്ടാംഗമാവുള്ളൂ അല്ലാതെ ശരീരത്തിലുള്ള നെറ്റിയും തോളും കയ്യും നെഞ്ചും മുട്ടും കാലും മാത്രം പോരാ അത് പുറമേക്കാവട്ടെ അകമയ്ക്ക് സാഷ്ടാംഗയോഗം പരിപൂർത്തിയാവുന്നത് പ്രണാമത്തിലാണ് പ്രണാമം ചെയ്യുമ്പോൾ എല്ലാ യോഗസാധനകളുടെയും ലക്ഷ്യം പ്രണാമമാണ് യോഗസാധനകളുടെ ഒക്കെ ലക്ഷ്യസ്ഥാനത്തിൽ ഞാൻ ഭഗവാനിൽ എന്നെ ഇല്ലാതാക്കുന്നു അതാണ് പ്രണാമ നമസ്കാരം അപ്പൊ പ്രകർഷേണ നമിച്ച് ഞാനില്ലാതാവുന്നതാണ് പ്രണാമം അത് കഴിയുമ്പോ ജഗത്ത് മുഴുവൻ ആത്മസ്വരൂപം കാണുന്നതൊക്കെ വാസുദേവസ്വരൂപം അതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത് സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനീ ചാത്മനീ सर्वत्र सर्वत्र पश्यति सर्वं ീക്ഷേ യോഗയുക്തമാത്രമർശന യോ മാശ്യണശ്യമ പ്രണശ്യ സർവഭൂതസ്ഥം ആത്മാനം തന്റെ ആത്മാവിനെ ദർശിച്ച യോഗിക്ക് സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്ന ആത്മാവിനെ കാണുന്നു സർവഭൂതസ്ഥം ആത്മാനം സർവഭൂതാനിച്ച ആത്മനി സർവപ്രാണികളും ഭൂതങ്ങളും തന്നിലിരിക്കുന്നതായിട്ട് കാണുന്നു യോഗയുക്താത്മാ യോഗസ്ഥിതിയിലിരിക്കുന്ന യോഗാരൂഢൻ ഈ ഒരു ദർശന സിദ്ധി നേടുന്നു സർവത്ര സമദർശന അതുകൊണ്ട് അയാൾക്ക് സദാ സമദർശനം സമദർശനം എന്ന് വച്ചാൽ എന്താ അർത്ഥം എല്ലാരെയും ഒന്നുപോലെ കാണുന്നു എന്ന് പറഞ്ഞാൽ പോരാ സമം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്നർത്ഥം സമം എന്നുവെച്ചാൽ ശാന്തി എന്നർത്ഥം എവിടെ ദർശിച്ചാലും അയാളുടെ ഉള്ളിലുള്ള സമത്വം ചലിച്ചുപോവില്ല നമുക്ക് മനസ്സുള്ളത്തോളം കാലം എവിടെ ദർശിച്ചാലും രാഗമോ ദ്വേഷവും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒന്നിനോട് ഇഷ്ടം ഒന്നിനോട് ഇഷ്ടക്കേട് ഉള്ളില് ഈ ആത്മദർശനം ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദൃഷ്ടി എവിടെ വീണാലും ഉള്ളിലുള്ള സമത്വം ചലിക്കുകയേ ഇല്ല അതാണ് സർവത്ര സമദർശന വിഷമദർശനമില്ല അയാൾക്ക് അയാൾക്ക് വിഷമദർശനം പോയി സമദർശനം ഏർപ്പെട്ടു എന്തിനെ ദർശിച്ചാലും അയാളുടെ യോഗസ്ഥിതി സമസ്ഥിതി ചലിക്കാത്തതുകൊണ്ട് സർവത്ര സമദർശനഹാം എല്ലാരിലും ഈശ്വരനെയും ഈശ്വരനിൽ സർവപ്രപഞ്ചത്തെയും കാണുന്നവന് ധ്യാനമൊന്നും വേണ്ട പിന്നീട് അയാൾ പ്രത്യേക യോഗസാധന ഒന്നും അയാൾക്ക് ഈശ്വരൻ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല അതാണ് യോമാം പശ്യത്തി സർവത്ര മാം സർവത്ര പശ്യതി ഏതൊരുത്തൻ എന്നെ സർവത്ര കാണുന്നുവോ സർവം ചെ മൈ പശ്യതി ജഗത്ത് മുഴുവൻ എന്നിൽ കാണുന്നുവോ തസ്യ അഹം ന പ്രണശ്യാമി അവന് ഞാൻ നഷ്ടപ്പെടുന്നില്ല എനിക്ക് അവൻ നഷ്ടപ്പെടുന്നില്ല എന്ന് വെച്ചാലോ ഞാൻ എന്നുള്ള അനുഭവം തന്നെ ബ്രഹ്മമായി കഴിഞ്ഞാൽ പരമാത്മാവായി കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുകയില്ലല്ലോ നഷ്ടപ്പെടാൻ സാധ്യമല്ല പിന്നീട് ദൃഷ്ടിയിലൂടെയും അത് തന്നെ കാണുന്നു ഇപ്പൊ സർവ അനുഭവങ്ങളും ആത്മാനുഭവമായിട്ട് തീരുന്നു അനുഭവം സർവം എന്നുള്ള വാക്കിനെ അവിടെ അർത്ഥമല്ല അനേകം ഉണ്ടെങ്കിലല്ലേ സർവം എന്ന് പറയാനുള്ളൂ ഒന്നേ ഉള്ളൂ എങ്കിൽ എന്ന് പോലും എങ്ങനെ പറയും പിന്നെ വ്യവഹാരത്തിന് വേറെ ഭാഷയിൽ വാക്കുകളില്ലാത്തതുകൊണ്ട് സർവം എന്ന് പറഞ്ഞു അത്രയുള്ളൂ ഇവിടെ ഒന്നേ ഉള്ളൂ അനുഭവം ഏകവും അദ്വയവും കേവലവുമാണ് ആ കേവലാനുഭവത്തില് ഉള്ള ആൾക്ക് തൻ്റെ ബ്രഹ്മാനുഭവം നഷ്ടപ്പെടുന്നേ ഇല്ല ഉറക്കത്തിലും നഷ്ടപ്പെടുന്നില്ല സമാധിയിലും നഷ്ടപ്പെടുന്നില്ല ജാഗ്രതയിലും നഷ്ടപ്പെടുന്നില്ല സ്വപ്നത്തിലും നഷ്ടപ്പെടുന്നില്ല സുഖം വരുമ്പോഴും നഷ്ടപ്പെടുന്നില്ല ദുഃഖം വരുമ്പോഴും നഷ്ടപ്പെടുന്നില്ല തണുപ്പിലും ചൂടിലും ഒന്നും നഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള ആള് എപ്പോഴും തപസ് ചെയ്യുന്നു എപ്പോഴും ഭഗവത്ഭചനത്തിൽ ഇരിക്കുന്നു അയാൾ വെറുതെയിരുന്നാലും തപസാണ് നാമം ജപിച്ചാലും തപസ്സാണ് അയാൾ ലൗകികമായി വല്ല വ്യവഹാരം ചെയ്താൽ കാരണം അയാൾക്ക് ഇനി അത് നഷ്ടപ്പെടാൻ പോണില്ല ഒരിക്കൽ ഇത് നേടിയെടുത്ത ആൾക്ക് അയാൾക്ക് പിന്നെ ശ്രദ്ധ അതിൽ നിന്നു പതരുകയേയില്ല അതാണ് അടുത്ത ശ്ലോകം സർവഭൂതസ്ഥിതം ഭജത്യേകത്വമാ सर्वधा वर्तमानोपी वर्तते सर्वभूतस्थितं ോ മാം ഭജതിഥിത്തിൽ ഇരുന്നു കൊണ്ട് ഫലതിവിട ഇല്യ ഏകമേവദ്വിതീയം നേഹനത്തി അല്പം പോലും വാസ്തവമായിട്ട് ഇവിടെ ഇലയാ ഒന്നേ ഉള്ളൂ രണ്ടാമതൊരു പൊരുൾ ലേശവും ഇല്ല എന്ന് ഉറപ്പു വന്ന് സർവഭൂതങ്ങളിലും ഇരിക്കുന്ന ഭഗവാനെ ഭജിക്കുന്നു ഭജിക്കുന്നു വച്ചാൽ സർവഭൂതങ്ങളോടും ഭഗവാൻ എന്ന രീതിയിൽ ബന്ധപ്പെടുന്നു ഇതൊക്കെ ഭഗവത് സ്വരൂപം എന്ന രീതിയിൽ ബന്ധപ്പെടുന്നവൻ സർവഥ എപ്പോഴും എല്ലാവിധത്തിലും എല്ലാ രീതിയിലും പല വ്യവഹാരങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണെങ്കിലും വർത്തമാന അഭി അവൻ മൈവർത്തതേ അവൻ എന്നിലാണ് ഇരിക്കുന്നത് അയാൾ എന്ത് വേണമെങ്കിൽ കളിച്ചോട്ടെ എന്തു വേണമെങ്കിൽ ലോകേ വിഹര രാഘവാണ് വാശിഷ്ഠത്തിൽ ശ്രീരാമൻ ഈ തത്വോപദേശം ചെയ്തിട്ട് വസിഷ്ഠൻ പറയണത് രാമ ഇഷ്ടം പോലെ ലോകത്തിൽ ചെന്ന് കളിക്കൂന്നാണ് ഈ സത്യം പിടികിട്ടിയില്ലേ ഇനി ഇഷ്ടംപോലെ ലോകത്തിൽ ചെന്ന് കളിക്കൂ കളിക്കൂ എന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ത് ചെയ്താലും തനിക്കിനി ഇത് നഷ്ടപ്പെടില്ല ഇനി ഇത് അല്പമൊന്നും മറന്നുപോകണമെന്ന് വിചാരിച്ചാൽ പോലും സാധ്യമല്ല ഇതൊന്നു വിട്ടുകളയണമെന്ന് വിചാരിച്ച പോലെ സാധ്യമല്ല കാരണം ഞാനേ ആ സത്യസ്വരൂപമായിട്ട് നിൽക്കുമ്പോൾ എനിക്ക് അതിനെ വിട്ട് പുറമേക്ക് ചാടാൻ പറ്റില്ല സർവത്ര ആ ദർശനമായതുകൊണ്ട് സയോഗി മൈവർത്തത അയാൾ എവിടെ ഇരുന്നാലും എത്ര നീചമായ സ്ഥലത്ത് ചെന്ന് ഇരുന്നാലും അയാൾ ആത്മസ്ഥിതനാണ് ആത്മാവിലാണ് ഇരിക്കുന്നത് അയാൾക്ക് വേറെ ഒരു സ്ഥിതി ശരീരമോ മനസ്സോ ഒന്നും അയാൾക്ക് പ്രശ്നമല്ല അയാൾ സദാ തന്റെ യഥാർത്ഥ സത്തയെ കണ്ടുകൊണ്ടിരിക്കുന്നു അടുത്ത ശ്ലോകം ആത്മൌപമ്യേന സമം പശ്യത്തിർജുന സുഖം വാ ദുഃഖം സോകീ പരമോ മത ആത്മ ഔപമ്യേന ആത്മാവിനോട് ഉപമിച്ചിട്ട് സർവത്ര എല്ലാ സ്ഥലത്തും സമം പശ്യതി ഊർജുനം ആര് സമമായി കാണുന്നു സുഖം വാ യതി വുഖമുണ്ടാവട്ടെ അല്ലെങ്കിൽ ദുഃഖമുണ്ടാവട്ടെ ആരാണോ സുഖം ദുഃഖം ഒന്നും തന്നെ സ്പർശിക്കുന്നില്ല എന്നുള്ളത് ആത്മാവിനോട് ഒത്തുനോക്കിയിട്ട് സമസ്ഥിതി നഷ്ടപ്പെടുത്താതിരിക്കുന്നത് എന്നുവെച്ചാൽ തന്റെ ഉള്ളിലുള്ള നിശ്ചലമായ ബോധം അതാണ് തന്നിലുള്ള സത്ത അതിൽ സുഖം ദുഃഖമൊക്കെ മനസ്സിന്റെ മണ്ഡലത്തിലോ ശരീരത്തിന്റെ മണ്ഡലത്തിലോ നിൽക്കും ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന് കാണുന്നതുകൊണ്ട് സമദൃഷ്ടി അയാൾക്ക് ചലിക്കുന്നില്ല സമം പശ്യത്തി അതേപോലെ മറ്റുള്ളവരിലും പലതും കാണുമ്പോഴും ഇയാൾക്ക് അവരിലുള്ള യഥാർത്ഥ സത്തയെ ദർശിക്കുന്നതുകൊണ്ട് ആത്മാവിനെ കാണുന്നത് ഇയാൾക്ക് അവരുടെ പുറമേക്കുള്ള ചട്ടയിൽ ദൃഷ്ടിയില്ല ഉള്ളിലുള്ള സത്തയെ കാണുന്നു അല്ലാതെ മറ്റുള്ളവരുടെ സുഖത്തിനെ തന്റെ സുഖമായിട്ടും മറ്റുള്ളവരുടെ ദുഃഖത്തിനെ തന്റെ ദുഃഖമായിട്ടും കരുതണം എന്ന് അർത്ഥം പറഞ്ഞു പോയാൽ എന്ത് വെച്ചാൽ ലോകത്തിൽ അധികവും ദുഃഖമാണോ ഉള്ളത് യോഗിക്ക് ദുഃഖം വിട്ടുമാറിയ സമയമേ ഉണ്ടാവില്ല ഈ ശ്ലോകത്തിന് അങ്ങനെ അർത്ഥം പറഞ്ഞു എല്ലാവരുടെ ദുഃഖവും തന്റെ ദുഃഖമായി തീർന്നാൽ യോഗിക്ക് ദുഃഖം വിട്ടുമാറിയ സമയമേ ഉണ്ടാവില്ല അപ്പോ അങ്ങനെ പറഞ്ഞ അർത്ഥം പാടെ പഴച്ചു ആത്മൌപമ്യുഃഖം സുഖമാവട്ടെ ദുഃഖമാവട്ടെ ആത്മാവനെ അത് സ്പർശിക്കുന്നില്ല എന്ന് കണ്ട് സമം പശ്യതി സമദർശിത്വം സമത്വം നഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ള യോഗി പരമോമത അവൻ പരമമായി സ്ഥിതിയിൽ എത്തിയവനാണ് അയാൾക്ക് സുഖ ദുഃഖങ്ങളൊന്നും അയാളെ ചലിപ്പിക്കില്ല സർവത്ര എവിടെ ചെന്നാലും എവിടെയും സുഖദുഃഖങ്ങൾ അയാളെ ബാധിക്കുന്നില്ല അയാള് ആത്മാവിനോട് ഉപമിച്ച് നോക്കിയിട്ട് ഈ സുഖ ദുഃഖങ്ങളൊന്നും വാസ്തവമല്ല എന്ന് കണ്ടറിയുന്നു ആത്മാവ് മാത്രം സത്ത ബാക്കിയൊന്നും സത്തയല്ല എന്ന് കണ്ടറിയുന്നത് കൊണ്ട് അയാളെ സ്പർശിക്കുന്നില്ല ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അർജുനന് വരുന്ന സംശയമാണ് അടുത്ത ശ്ലോകം നമുക്കൊക്കെ വരാവുന്ന ഒരു സംശയം ഇത്രയൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇപ്പൊ സാധ്യമാണോ മനസ് പറഞ്ഞാൽ കേക്കാതെ ചപലമായിട്ടിരിക്കുമ്പോ ഇതൊക്കെ സാധ്യമാവണോ അർജുനൻ തന്നെ ഭഗവാനോട് ചോദിക്കുക ഭഗവാനെ അങ്ങു പറഞ്ഞ ഈ യോഗമൊക്കെ സാധ്യമാണോ ഭഗവാനെ ഇതിന് ചഞ്ചലമായ മനസ്സും വെച്ചുകൊണ്ട് ഞാൻ എങ്ങനെ യത്നം ചെയ്യുന്നു അടുത്ത ശ്ലോകം അർജുനോ വാചസ്ത്വക്ത മ്യേന മധുസൂദന എത്തലുവാത്ത സ്ഥിതിരാ ചഞ്ചലം ഹി മനഃഷ് പ്രധിബലവൃഢം അർജുനന്റെ ചോദ്യമാണ് യോഗ യാതൊരു ഈ യോഗമുണ്ടോ ത്വ പ്രോക്ത അങ്ങയാൽ പറയപ്പെട്ട ഈ യോഗം സാമ്യേന മധുസൂദന സാമ്യം മനസ്സിന്റെ സമസ്ഥിതിയുടെ രൂപത്തിലുള്ള ഈ യോഗം സ്ഥിതി പശ്യാമി ഈ യോഗം എന്താണെന്ന് എനിക്ക് കാണാൻ വയ്യ നമുക്കും പലർക്കും പറയണതൊക്കെ കണ്ടിണ്ടാവും ഏതോ നിശ്ചലത ശാന്തി യോഗസ്ഥിതി ഞാൻ ഞാൻ എന്നുള്ള അനുഭവത്തിന്റെ മൂലം എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും എന്തോ ഒരു സുഖം തോന്നണുണ്ടെങ്കിൽ പോലും വ്യക്തമായിട്ട് വസ്തു എന്താന്ന് പിടികിട്ടാത്ത ഒരു വിഷമസ്ഥിതിയാണ് അധികം പേരുടെ അതുകൊണ്ടാണ് അർജുനൻ നമ്മളുടെ ഒക്കെ വക്കാലത്ത് വാങ്ങിയിട്ട് നമുക്ക് വേണ്ടി പറയണത് നമുക്ക് വേണ്ടി ഭഗവാനോട് ചോദ്യം ചോദിക്കാം ഭഗവാനെ മനസ്സ് ചഞ്ചലമായ മനസ്സിൽ ആത്മവിചാരം ആത്മാവിൽ മനസ്സിനെ ഇരുത്തുക എന്നൊന്നും പറഞ്ഞാൽ ഒന്നും പിടികിട്ടുന്നില്ല ചഞ്ചലം ഹി മന കൃഷ്ണ കൃഷ്ണ അങ്ങല്ല അങ് കളിച്ച് രസിച്ച് നടക്കണു അങ്ങേക്ക് മനസ്സിന് ചാപല്യവും ഇല്ല ചാഞ്ചല്യവും ഇല്ല ശാന്തിയിലിരിക്കുന്നു ഞങ്ങൾ സ്ഥിതി എങ്ങനെയാണോ ചഞ്ചലം ഹി മനഃ കൃഷ്ണ ഞങ്ങളുടെ മനസ്സേ അവിടെ ഉള്ളിൽ കയറി നോക്കിയാലേ അറിയുള്ളൂ ആളുടെ കോപ്പ് ചഞ്ചലം ഹി കൃഷ്ണ പ്രമാധി അത് പ്രബലമായി ഞങ്ങളെ മഥനം ചെയ്യുന്നു പിടിച്ചു അല്പനേരത്തേക്ക് ശാന്തിയോടെ ഇരുന്നാലും കുറച്ച് കഴിയുമ്പോ ഒലച്ചുകളെയും പ്രമാധി തസ്യാഹം നിഗ്രഹം എന്നെ ആ മനസ്സിന് നിഗ്രഹം ചെയ്യാന്ന് വെച്ചാൽ വായുവിനെ പിടിച്ച് കെട്ടിയിടുന്ന പോലെ ദുഷ്കരം വായോരിവ സുദുഷ്കരം അപ്പൊ ഭഗവാന്റെ ഉത്തരവെന്താ ഏ അങ്ങനെയൊന്നുമല്ല അർജുന വളരെ എളുപ്പമാണെന്ന് പറഞ്ഞില്ല ഒരു രോഗി രോഗം മൂർച്ഛിച്ച് വയറുവേദനയോടുകൂടെ പോയി ഡോക്ടറെടുത്ത് പോകുമ്പോഴേ ഏ നിങ്ങൾക്ക് ഒന്നുമില്ല പറഞ്ഞാലോ എനിക്ക് വേറു വേദിക്കണു ഇയാൾ ഒന്നുമില്ല അപ്പൊ ആദ്യം സമ്മതിക്കണം അതേ വയർ വേദന ഉണ്ട് ഒക്കെ മാറും അല്ലെ ഉണ്ടെന്ന് സമ്മതിച്ചിട്ട് മാറും എന്ന് പറഞ്ഞാൽ ആശ്വാസം അതേപോലെ ഭഗവാൻ പറയാണ് സമ്മതിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അതിനുള്ള മാർഗം പറയാണ് നോക്കാം ശ്രീ ഭഗവാൻ അസംശയം മഹാബാഹോ മനോദുർനിഗ്രഹം ഛലം വൈരാഗ്യേണ ഗൃഹ്യത്തെ നല്ല കയ്യൂക്കുള്ളവനെ എന്നാണ് വിളിക്കുന്നത് അർജുനൻ നല്ല ബാഹു കൈയ്യുള്ളവൻ ഏ കയ്യൂക്കുള്ളവനായ അർജുന നല്ല ബാഹുബലമുള്ള അർജുന തനിക്കാണെങ്കിൽ പോലും മനസ്സ് ചെയ്യ എന്ന് പറയുന്നത് വിഷമം തന്നെയാ സംശയമില്ലേ ആ കാര്യത്തിൽ അസംശയം ബനോ ദുർനിഗ്രഹം ചലം പക്ഷേ സാധ്യമല്ല എന്ന് പറഞ്ഞു ഒഴിയരുത് ഒരു വ്യാധി വന്നാൽ അത് മാറണത് വിഷമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഇരിക്കുവോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്യും അല്ലെ മാറിയോ മാറട്ടെ എന്ന് മാറണത് വിഷമാണെന്ന് പറഞ്ഞ് സ്വീകരിച്ചിരിക്കണില്ലല്ലോ അതുപോലെ ഈ മനോനിഗ്രഹം വിഷമമാണെങ്കിലും ചെയ്യേണ്ടതാണ് കൗന്തേയാ അഭ്യാസം വൈരാഗ്യം അഭ്യാസം കൊണ്ട് എന്തൊക്കെ സാധിച്ചെടുക്കണു ലോകത്തിലെ ആളുകള് അല്ലെ സർക്കസില് ചെറിയ കമ്പി കെട്ടിയിട്ട് ആ കമ്പിയുടെ മേലെ ഒരു വടിയും പിടിച്ചുകൊണ്ട് നടക്കും ഒരു ദിവസം കൊണ്ട് നേടിയെടുത്തതല്ല അഭ്യാസം കൊണ്ടാണ് നേരെ മറിച്ച് കുറച്ച് ുള്ളിൽ പോയ ആൾക്ക് ഹൈവേ റോഡും പോരാ വേലിയും നോക്കുകൂറ്റിയും ഒക്കെ തള്ളികളയും അപ്പൊ എന്താ ഈ അജ്ഞാനത്തിന്റെ മധുര മധുര കുടിച്ച ആൾക്ക് രാജപാതെ കാണിച്ചു കൊടുത്താലും പോരാ അഭ്യാസമുള്ളവന് ചെറിയ നാരിന്റെ മേലേ നടക്കാം അഭ്യാസേനത്ത് കൗന്ത അഭ്യാസം കൊണ്ട് മനസ്സിനെ ആത്മവിചാരം ചെയ്യാൻ അഭ്യസിപ്പിച്ചാൽ മനസ് ആത്മവിചാരം ചെയ്യും ലോകവിചാരം ചെയ്യാൻ അഭ്യസിപ്പിച്ചാൽ ലോകവിചാരം ചെയ്യും അഭ്യാസത്തിന്റെ ഒരു പ്രശ്നമേ ഉള്ളൂ മനസ്സ് ജഡമാണ് അതിന് ബുദ്ധി ഇല്ല നമ്മള് അതിനെ അകമേക്ക് തിരിച്ച് തിരിച്ച് തിരിച്ച് അഭ്യസിപ്പിച്ചാൽ അതിന് വഴങ്ങും പുറമേക്ക് പല വിഷയങ്ങളിലേക്കും അതിനെ പറഞ്ഞു വിട്ട് അഭ്യസിപ്പിച്ചാൽ അതുപോലെ ഇത്ര ജന്മങ്ങളായി പുറമേക്ക് ഇപ്പൊ ആരെങ്കിലും കുട്ടി ജനിച്ചിട്ട് ആത്മാവിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ടോ കുട്ടിക്ക് ആദ്യം പുറമേക്ക് ദൃഷ്ടി ഉറച്ചിട്ടില്ലാന്ന് നമ്മൾ പറയൂല്ലേ എന്താ ദൃഷ്ടി അകമേക്കാണ് ചിലപ്പോ ചിരിക്കുന്നത് നമ്മൾ പതുക്കെ ഗിലിക്കില്ല ഗിലി കിലന്ന് കാണിക്കും കുട്ടി നോക്കും പതുക്കെ അമ്മ അച്ഛൻ മൂക്ക് എവിടെ കണ് അതിനല്ലെങ്കിൽ മൂക്ക് കണ്ണ് ഒന്നും അറിയില്ലേ ഒക്കെ ഒന്ന് ഏകമേവ അദ്വിതീയം ഓരോന്നായും പറഞ്ഞു കൊടുക്കും എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് പതുക്കെ ഒരു വയസ്സായി കൈ നീട്ടി അത് എന്ന് പറയും ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ എന്താ ഇത് അച്ഛൻ ഇത് അമ്മ മൂന്നാമത്തെ ചാപ്റ്റർ എന്താ അവരുടെ വീട്ടിലേക്ക് പോകരുത് കേട്ടോ പതുക്കെ ഒരാ ലോകത്തിൽ നമ്മൾ ഇങ്ങനെ പഠിപ്പിച്ച് മനസ്സിനെ പാകപ്പെടുത്തി എടുത്തിട്ട് പിന്നെ അത് ഇതൊക്കെ വിട്ടിട്ട് അകത്തേക്ക് പോകണമെന്ന് വെച്ചാൽ വിഷമാണ് അതിന് നമ്മൾ കേടുവരുത്തിയതാ അത് കേടുവന്നതല്ല നമ്മൾ കേടുവരുത്തിയതാ അപ്പൊ അതുകൊണ്ട് തന്നെ ഭഗവാൻ പറയണു തിരിച്ചഭ്യസിപ്പിക്കുക എന്നാണ് തുടങ്ങി നടക്കുവോ നടക്കും പക്ഷെ ഇന്ന് തുടങ്ങിയിട്ട് നാളെ ഗീതാ പ്രഭാഷണം വന്ന് ഇന്നലെ തുടങ്ങി ഞാൻ നടക്കണില്ലല്ലോ എന്ന് പറയാൻ പാടില്ല പോട്ടെ നടക്കും എപ്പോ സതു ദീർഘകാല നൈരന്തര്യ